അള്ളാഹുസുബഹാനഹുവച്ച ആയാലങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെയും ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അവൻ നിങ്ങളുമായി ചെയ്ത കരാറിനെയും നിങ്ങൾ ഓർക്കുക നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക തീർച്ചയായും അള്ളാഹുസുബഹാനഹുവല ഹൃദയങ്ങളിലുള്ളതറിയുന്നവനാണ്